പരലോകത്തെ വിളവെടുപ്പ് ആഗ്രഹിക്കുന്നവന് അവൻറെ വിളവെടുപ്പിൽ നാം വർദ്ധിപ്പിച്ചു നൽകും എന്നാൽ ഇഹലോകത്തെ വിളവെടുപ്പ് ആഗ്രഹിക്കുന്നവന് അതിൽ നിന്ന് നാം നൽകും പരലോകത്ത് യാതൊരു ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല